Saying, ും മത്തഹ എന്നിൽ നിന്ന് അന്യമായി ഇവിടെ മറ്റൊരു വസ്തു ഇല്ല ഹെ ധന മൈ സർവമിതം പ്രോതം എന്നിൽ ഇതൊക്കെ തന്നെ ഓതപ്രോതമായി ഊടും പാവുമായി കോർക്കപ്പെട്ടിരിക്കുന്നു സൂത്രേ മണികണായിവ് ഒരു നൂലിൽ മണികളെന്ന കണക്ക് ഒരു ചരടിൽ മണികളെന്ന കണക്ക് സകലതും കോർക്കപ്പെട്ടിരിക്കുന്നു സൂത്രേ മണികണായിവ് വെള്ളമെടുക്കും വെള്ളത്തിന്റെ ജലത്വം ഞാനാണ് രസോഹം അപ്സു കൗന്ത പ്രഭാസ്മി ശശിസൂര്യോ സൂര്യനിൽ വെളിച്ചം ഞാനാണ് ചന്ദ്രനിൽ വെളിച്ചം ഞാനാണ് പ്രണവസർവേദേഷു വേദത്തിൽ അതിന്റെ ആധാര ശബ്ദം ഓം എന്നുള്ള ശബ്ദം പോലും അതിന്റെ പ്രകടരൂപമാണ് ആ പ്രണവത്തിനും മൂലരൂപമായിട്ടുള്ള സ്ഫോടം ധ്വനി ആ ധ്വനിയാണ് ഇവിടെ പ്രണവം എന്ന് പറയുന്നത് ആ പ്രണവം ഞാനാണ് ശബ്ദിൽ ശബ്ദം ഞാനാണ് പൗരുഷം നൃഷു പുരുഷനിൽ നൃഷു മനുഷ്യരിൽ പൌരുഷം പൌരുഷം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളുടെ വ്യക്തിബോധം എന്നർത്ഥം അല്ലാതെ മാൻലിനെസ് എന്നുള്ള അർത്ഥമല്ല നമ്മളുടെ വ്യക്തിബോധം നമ്മളിലൊക്കെ അഹങ്കൃതിയായും വ്യക്തിബോധമായും പ്രകാശിക്കുന്നത് പൌരുഷം നിഷു പുണ്യോ ഗന്ധ പൃഥിവ്യാം ഭൂമിയുടെ ആധാരം ഗന്ധമാണ് നല്ല മഴ ആദ്യത്തെ മഴയില് മണ്ണിന്റെ മണം കേൾക്കാം മണ്ണിൽ നിന്ന് മണം വരുന്നു എന്നല്ല ശാസ്ത്രം പറയണം മണത്തിൽ നിന്ന് മണ്ണ് വന്നു എന്നാണ് പുണ്യോ ഗന്ധ പൃഥിവ്യാം തേജസ്ചാസ്മി വിഭാവസ് അഗ്നിയില് തേജസ്സും ജീവനം സർവഭൂതേഷും സകലപ്രാണികളുടെയും ജീവനം തപസ്വികളിൽ തപസ് ഇങ്ങനെ എല്ലാരിലും എഴുകിച്ചേർന്ന് നിൽക്കുന്ന ചൈതന്യം ആണ് പ്രപഞ്ചാകാരമായി വിരിഞ്ഞു കാണപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമോ ഈ ജീവഭൂതമായിട്ടുള്ള ഉണർവാണ് അവബോധമാണ് ആ അവബോധമില്ലെങ്കിൽ പ്രപഞ്ചത്തിനെ ആര് ഗ്രഹിക്കും പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വിളക്ക് ദീപം ഈ അവബോധമാണ് അവബോധമായ വിളക്കുകൊണ്ട് പ്രപഞ്ചം പ്രകാശിപ്പിക്കപ്പെടുന്നു തമേവാന് അനുഭാതിസർവ് ഭാഷ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആത്മജ്യോതി ജ്യോതിഷാ അപ്പൊ തജ്യോതി പരം ഉച്ച ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദിസർവ്യ വിഷ്ടം വേദം അതുകൊണ്ട് പ്രജ്ഞാനേത്രം എന്നതിന് പേര് പ്രജ്ഞാനേത്രോവൈലോക പ്രജ്ഞയാകുന്ന കണ്ണുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ അറിയപ്പെടുന്നു ആ സെന്ററിൽ നിന്നും പ്രപഞ്ചം നോക്കുമ്പോൾ അഷ്ടമൂർത്തിയായി ഭഗവാന്റെ സ്വരൂപമായി കാണുന്നു മാത്രമല്ല അന്യത് കിഞ്ചന വിദ്യത്തെ മറ്റൊന്നും തന്നെയില്ല ആ ഉറപ്പുണ്ടെങ്കിൽ ഗാർഢ്യം ഉണ്ടെങ്കിൽ അനുഭവമണ്ഡലത്തിൽ പിന്നെ ജീവിതത്തിൽ എന്ത് പ്രശ്നം സാധനയില്ല സാധകനില്ല സാധ്യം മാത്രം പ്രകാശിക്കുന്നു സാധകനും സാധ്യവും സാധനയും പോയി സാധ്യം മാത്രം പ്രകാശിക്കുന്നു എല്ലാ സാധനയും എന്തിനാണെന്ന് വെച്ചാൽ റബ്ബർ കൊണ്ട് വായിക്കണ പോലെയാണ് എഴുതിയതൊക്കെ വായിക്കാൻ റബ്ബർ ഉപയോഗിക്കും മാച്ചുകൊണ്ടിരിക്കും നമ്മള് സാധന കൊണ്ട് ചെയ്യുന്നതും എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള ചിത്തവൃത്തികൾ ദുഷിച്ച വൃത്തികൾ വാസനകൾ ഒക്കെ മാറ്റുകൊണ്ടിരിക്കും അതുപോലെ സാധന കൊണ്ട് പോലെ റബ്ബർ കൊണ്ട് മായ്ക്കുന്ന പോലെ പക്ഷെ ആ പ്രോസസ്സിൽ നടക്കുന്നത് വേറെ കാര്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്താന്ന് വെച്ചാൽ റബ്ബർ തേഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവസാനം റബ്ബർ ഇല്ലാതാവും എറേസർ വിൽ ബി എറേസ് നമ്മൾ ഈ മായ്ക്കുന്നതിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് റബ്ബറിനെ ശ്രദ്ധിക്കണില്ല പക്ഷേ ഈ മായ്ക്കണതിനോടൊപ്പം റബ്ബർ ഇല്ലാതാവും അതേപോലെ ഈ സാധകൻ സാധന ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ സാധനയിൽ പുരോഗമിച്ചോ പുരോഗമിച്ചില്ലയോ എന്നാണ് ശ്രദ്ധിക്കണത് പക്ഷേ വാസ്തവത്തിൽ നടക്കുന്നത് എന്താ പതുക്കെ പതുക്കെ പതുക്കെ ഈ സാധകൻ തേഞ്ഞു മാഞ്ഞു പോവും സാധകൻ അവിടെ ഇല്ലാതാവും അപ്പോൾ സാധനയും നിന്നുപോയി സാധകൻ ഇല്ലെങ്കിൽ പിന്നെ ആര് സാധ്യ സാധന ചെയ്യും സാധനയുമില്ല സാധകനുമില്ല സാധ്യം മാത്രം പ്രകാശിക്കുന്നു ആ സാധ്യം പ്രകാശിക്കുന്ന അവസ്ഥ നിത്യനിരന്തരാണ് നിത്യനിരന്തരമായ തപസ്സാണ് നിത്യനിരന്തരമായ ധ്യാനമാണ് നിത്യനിരന്തരമായ ആത്മാനുസന്ധാനമാണ് അതാണ് ഭഗവാൻ ബഹവോ ജ്ഞാനതപസ്സാപൂതാമദ്ഭാവമാകത്താഹ ജ്ഞാനതപസ് എന്നുള്ള വാക്കുകൊണ്ട് പറഞ്ഞത് ആ സത്യത്തിനെ ഇത്രയും വിസ്തരിച്ച് ഈ ഒമ്പത് ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞിട്ട് ദക്ഷിണാമൂർത്തി തത്വത്തിന് ഘനീഭവിച്ച അമൃതസ്വരൂപമായ മൗനമേ സ്വരൂപമായിരിക്കുന്ന തത്വത്തിനെ ഈ ഒമ്പത് ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞിട്ട് ഈ പത്താമത്തെ ശ്ലോകത്തിൽ അതിന്റെ ഫലശ്രുതി പറയാൻ സർവാത്മത്വം ഇതി ുഷ്മിസ്തേ തേന തന ധ്യാച്ച സങ്കീർത്ത സർവാത്മത്വമിഭൂതിസഹ് സാശ്വരം സ്വ സിദ്ധ്യേത് തത് പുനരഷ്ടണതം ചൈശര്യം അവ്യഹതം ഇങ്ങനെയൊരു ഫലശ്രുതി വേറൊന്നിനും പറഞ്ഞില്ലേ വിവേക ചൂടാമണിയിൽ ഇതുപോലെ തത്വോപദേശം ചെയ്തിട്ട് ഉക്തമർത്തമിമം ആത്മനിസ്ഫുടം സംശയാതിരഹിതം തത്വനിഗമവും ഭവിഷ്യതി എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് കയ്യിൽ അടക്കി വെച്ച ജലാം പോലെ അല്ലെങ്കിൽ കനി പോലെ തത്വം സാക്ഷാത്കാരം ഉണ്ടാകും ഇതിന് മനനം ചെയ്താൽ എന്ന് ഇവിടെ പറയുന്നത് സർവാത്മത്വം ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമാണെന്നുള്ള തത്വത്തിനെ സർവാത്മത്വം ഇതി ആത്മാവിന്റെ സർവാത്മത്വത്തിനെ ഇങ്ങനെ ഇത്രയും വ്യക്തമായി സ്ഫുടീകൃതം സ്ഫുടമായിട്ട് തെളിച്ച് എന്താ സ്വർണത്തിനെ തീയിലിട്ട് കാച്ചിണത്തിന് സ്ഫുടം ചെയ്യാ എന്ന് പറയും അതേപോലെ സകല ഉപനിഷത്തുകളെയും കടഞ്ഞെടുത്ത് അതിന്റെ ക്രീം വെണ്ണ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്ന പോലെ അതിന്റെ ക്രീം എടുത്തിരിക്കുകയാണ് സ്ഫുടീകൃതം ഇതം യസ്മാ അമുഷ്മിൻ സ്തവേ ഈ സ്തവത്തിൽ അത് മുഴുവൻ കടഞ്ഞെടുത്ത് തേന അസ്യ ശ്രവണാത് അതുകൊണ്ട് തന്നെ ഇതിനെ നല്ല വണ്ണം ശ്രദ്ധയോടെ ശ്രവണം ചെയ്യുന്നതുകൊണ്ട് ശ്രവണം ചെയ്താൽ തന്നെ ഞാനോ ഉണ്ടാവണം നല്ല പക്വികളാണെങ്കിൽ ശുശ്രൂഷി തക്ഷണാത് എന്നാണ് ഭാഗവതം പറയുന്നത് അല്ലാതെ മനനം നിധിധ്യാസനമൊക്കെ പിന്നീട് രസാനുഭവത്തിന് മനന നിധിധ്യാസനം നല്ല പക്വുമാണെങ്കിൽ കർപ്പൂരം തീ വെക്കുമ്പോഴേക്കും പിടിക്കും ഗൺപൌഡർ തീ വെക്കുമ്പോഴേക്കും പിടിക്കും പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടല്ലോ അല്ലെ മഴ പെയ്താലോ ഫിശ് പോകും വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ജീവനും വിഷയവാസനയുടെ വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വിദ്യ തലയിൽ കയറിയയില്ല അതങ്ങനെ വിശ്വ വിശ്ന്നു പോയിക്കൊണ്ടിരിക്കും ബുദ്ധിയും മനസ്സും കൊണ്ടുവച്ച് പല യുക്തികളും പറഞ്ഞ് പലവിധ യുക്തികൾ പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതെ അമർന്നിടയണം പലവിധ യുക്തിയും പറഞ്ഞുകൊണ്ടിരിക്കും നല്ല പക്വമാണെങ്കിൽ ഗൺപൌഡർ പോലെ കർപ്പുകൂരം പോലെ ശ്രവണം മാത്രം മതി ശുശ്രൂഷിഭി തക്ഷണാത് ആ ക്ഷണം മുതൽ കൊണ്ട് അനുഭവം അപ്പോ സർവാത്മത്വം ഇതി യസ്മാത് യസ്മാഅുഷ്ബിൻ സ്തവേ ഈ സ്തവത്തിൽ തേനെ അതുകൊണ്ട് തന്നെ അസ്യാത് ഇതിന്റെ ശ്രവണം കൊണ്ട് തഥാ അർത്ഥമനാത്ത് ശ്രവണം കൊണ്ട് തെളിഞ്ഞിട്ടില്ലെങ്കിലോ അഥവാ അല്പമൊന്ന് തെളിഞ്ഞാൽ നല്ലവണ്ണം തെളിച്ചെടുക്കാനായിക്കൊണ്ട് മനനം നിധിധ്യാസനം രമണ മഹർഷി ശ്രവണമന നിധിധ്യാസനങ്ങളെ ആന്തരികമായിട്ട് പറയും ആന്തരിക ശ്രവണം ആന്തരിക മനനം ആന്തരിക നിധിധ്യാസനം എന്ന് പറയും എന്താന്ന് വെച്ചാൽ അയമായിക്ക് പതുക്കെ പതുക്കെ പതുക്കെ ശ്രദ്ധിക്കുമ്പോ നമ്മളുടെ ശ്രവണം നമുക്കുണ്ടാവും ഞാൻ ഞാൻ ഞാൻ എന്നുള്ള വ്യക്തിസ്ഫൂർത്തിയുടെ ശ്രവണം അത് ഓരോ ചലനത്തിലും നമ്മളുടെ വ്യവഹാര നമുക്ക് ഇത് ശ്രവിക്കാമുള്ളത് ഇത് ആന്തരിക ശ്രവണം അതിനെ മറ്റ് വൃത്തികളുടെ കൂടെ വികാരങ്ങളുടെ കൂടെ ഒന്നും കൂടിക്കലരാൻ അനുവദിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് ഉള്ളില് ആ സ്ഫുരണയെ ഗ്രഹിക്കുന്നത് മനനം ആ ഞാൻ എന്നുള്ള സ്ഫൂർത്തി തന്നെ ജഡസസംബന്ധമൊക്കെ വിട്ട് ശരീരം മനസ്സ് ബുദ്ധി ഇതിന്റെയൊക്കെ പിടിയിൽ നിന്ന് വിമുക്തമായി ശുദ്ധ സ്ഫൂർത്തിമയമായി പ്രജ്ഞയായി പ്രകാശിക്കുന്നത് നിധിധ്യാസനം യഥാർത്ഥ ശ്രവണമനനീതിയാസനം ആന്തരികമാണ് പുറമേക്ക് ശ്രവണ മനനമൊക്കെ ഇന്റലക്ച്വലായിട്ട് ചെയ്താലും ഈ ആന്തരിക ശ്രവണമനനീധ്യാസനം ഉണ്ടാകുന്നവരെ നമുക്ക് പൂർണ്ണമാവില്ലേ ശ്രവണാത്തത് അർത്ഥമനനാത്ത് അർത്ഥം എന്ന് വച്ചാൽ ഇംപ്ലൈഡ് മീനിങ് അതായത് അതിന്റെ ലക്ഷ്യാർത്ഥം വാച്യാർത്ഥം പഞ്ചസാര മധുരിക്കും എത്ര പറഞ്ഞാലും അറിയില്ല നമുക്ക് ലക്ഷ്യാർത്ഥം വായിലിത്രീ പഞ്ചസാരം ഇട്ടു തരുന്നത് അതേപോലെ വെർബൽ മീനിങ് ആൻഡ് ഇംപ്ലോയിഡ് മീനിങ് ലക്ഷ്യാർത്ഥം എന്താണ് ആ സ്ഫൂർത്തി ശ്രദ്ധ ഏർപ്പെടണം തദ്ധമനനാ ധ്യാനുഭൂതി ആനന്ദം ഏർപ്പെടുമ്പോ അത് മറ്റുള്ളവരോട് പറയുന്നത് സങ്കീർത്തനം ആ ആനന്ദത്തിന് സതതം കീർത്തയന്തോ മാം യതന്തൃഢവ്രതാ നമസ്യന്തശ മാം ഭക്യാ നിത്യുക്ത ഉപാസത്തെ ഒമ്പതാം അധ്യായത്തിൽ ഭഗവാൻ ഗീതയിൽ പറയുന്നു സതതം കീർത്തയന്ത എപ്പോഴും എന്നെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം ആ സ്ഥിതിയിൽ നിൽക്കാൻ അവർ യത്നം ചെയ്തുകൊണ്ടും ദൃഢവ്രതാഹ അവർക്ക് ജീവിതത്തിൽ അത് തന്നെ വ്രതം നമസ്യന്തശമാം ഭക്തി ഭക്തിയോടുകൂടെ എന്നെ നമിച്ചുകൊണ്ടിരിക്കുന്നു നിത്യയുക്ത ഉപാസതെ അവര് നിത്യയോഗികളാണ് അവർക്ക് വിയോഗമേ ഇല്ല ഭഗവാനെ വിട്ട് പിരിയൽ എന്നുള്ള ഒരു വിരഹഭാവമേ ഇല്ല നിത്യയുക്ത ഉപാസതെ കീർത്തനം എന്നുള്ളത് നാമസങ്കീർത്തനം ഭജന പാടൽ മാത്രമല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ പാടാൻ അറിയാത്തവർക്കൊന്നും കീർത്തനമില്ലല്ലോ ഈ കീർത്തനങ്ങളൊക്കെ പാടിയവരെന്താണ് ചെയ്തിരിക്കുന്നത് ത്യാഗരാജസ്വാമികളാവട്ടെ ആരൊക്കെ കീർത്തനങ്ങൾ പാടിയവരാവട്ടെ അവരൊക്കെ അവരുടെ ആനന്ദത്തിനെ കീർത്തന രൂപത്തിൽ പാടി പാടാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ആനന്ദത്തിനെ വിളിച്ചുകൂപിക്കൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോരുത്തരുടെ ഓരോ അല്ലെ ശുഖബ്രഹ്മ മഹർഷി ഭാഗവതം പറയാൻ കാരണം തന്നെ പറയുന്നു ആത്മാരാമാശമുനയഹാ നിർഗ്രന്ഥാവി ഉരുക്രമേ കുറവന്തി അഹൈതുകീം ഭക്തി മിഥം ഭൂതഗുണോഹരി നിർഗ്രന്ഥാവി ഹങ്കാരഗ്രന്ഥി പോയി സ്വരൂപസ്ഥിതിയിൽ ഇരുന്നുകൊണ്ടും ഞാൻ ഈ ഭഗവത് ആനന്ദത്തിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ആനന്ദത്തിനെ കീർത്ത സങ്കീർത്തനാത്ത് ഇങ്ങനെ നിരന്തര നിത്യയോഗമാണ് നിത്യയോഗത്തിനാണ് ഭഗവാൻ ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞത് ഈതയിൽ ഒമ്പതാം അധ്യായം ഈതയിലെ രഹസ്യത്രയ അധ്യായങ്ങളിൽ പെട്ടതാണത് വളരെ മുഖ്യമായ ഒരു അധ്യായമാണ് ഒമ്പതാം അധ്യായം ഗീതയിൽ അതിലാണ് പ്രധാനമായിട്ടുള്ള ചില ശ്ലോകങ്ങളൊക്കെ അതിനകത്താണ് അന്തർഭവിച്ചിരിക്കുന്നത് ആ ഒമ്പതാം അധ്യായത്തിൽ ഭഗവാൻ ഇവിടെ പറയുന്നത് സതതം കീർത്തയും നമുക്ക് സാധനയാണത് ൾ ഏത് സമ്പ്രദായത്തിനെ സ്വീകരിച്ചിരിക്കുന്നു ഏത് രീതിയിൽ നിൽക്കുന്നു അതിനനുസരിച്ച് സതതം കീർത്തയന്ത നമ്മളുടെ അനുഭൂതിയെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അനുഭൂതിയെ വിളിച്ച് കൂവിക്കൊണ്ടേയിരിക്ക സതതം കീർത്തയന്തോ മാം യഥന്തശ ആ സ്ഥിതിയിൽ നിൽക്കാനായിട്ട് ആന്തരികമായി യത്നം ചെയ്തുകൊണ്ടേയിരിക്കുന്നു യഥന്തശ ദൃഢവ്രതാഹ ദൃഢവ്രതത്തോടെ ഇരിക്കുന്നു അതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു ജോലി തീരുമാനമാണ് ദൃഢവ്രതം ദൃഢവ്രതാ നമസ്യന്തശ് അഹങ്കാര ഉദിക്കാൻ അനുവദിക്കാതിരിക്കലാണ് നമസ്യന്തശ് മാം ഭക്യാ നിത്യുക്ത ഉപാസത്തെ അങ്ങനെ നിത്യുക്തന്മാരായിട്ട് സദാഭഗവത് ഉപാസനയിൽ ഇരിക്കുന്നു എന്നാണ് ആ അവസ്ഥയിൽ ആരിരിക്കുന്നു ശ്രവണാത് തദാ അർത്ഥമനാത് ധ്യാനാച്ച് സങ്കീർത്തനാത്ത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിനൊരു ഫലശ്രുതി പദയാണ് സർവാത്മത്വ മഹാവിഭൂതി സഹിതം ഏറ്റവും വലിയ മഹാവിഭൂതി എന്നുള്ള ഗീതയിൽ വിഭൂതി യോഗമാണ് പത്താം അധ്യായം വിഭൂതികളെ പറയുന്ന കൂട്ടത്തില് ഭഗവാൻ ആദ്യമായിട്ടൊരു വിഭൂതി പറഞ്ഞു മഹാവിഭൂതി മഹാവിഭൂതി അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാതിശ മധ്യം ചൂതാണാമന്ധയേവ് ഇത് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള വിഭൂതികളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് സകല വിഭൂതികളും ഇതിന്റെ മാനിഫെസ്റ്റേഷനാണ് ഈ അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിര ഹേ അർജുന സകല പ്രാണികളുടെ അന്തർഹൃദയത്തിലും അഹമഹമെന്ന് സ്ഫുരിക്കുന്ന ചൈതന്യസ്വരൂപമായി ഞാൻ അന്തര്യാമിയായി ആത്മാവായി പ്രകാശിക്കുന്നു ഈ ശരീരം ക്ഷേത്രമാണ് ക്ഷേത്രജ്ഞനായിട്ട് ഞാൻ ഓരോരോ പ്രാണികളുടെ ഉള്ളിലും പ്രകാശിക്കുന്നു ക്ഷേത്രത്തിൽ അറിയുന്നവനായിട്ട് അനുഭവിക്കുന്നവനായിട്ട് അതാണ് മഹാവിഭൂതി ബാക്കിയുള്ള വിഭൂതികളൊക്കെ തന്നെ അതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് അർജുന പാണ്ഡവാനാം ധനഞ്ജയ ഞാൻ പാണ്ഡവന്മാരിൽ അർജുനനാണ് എന്താണെന്ന് വെച്ചാൽ അർജുനനിൽ ഈ സ്ഫൂർത്തി കുറച്ച് കൂടുതൽ പ്രകാശിക്കുന്നത് കൊണ്ട് പാണ്ഡവരിൽ ഞാൻ അർജുനനാണ് ഗീത ഉപദേശിക്കുന്നത് ഭീമനോ ധർമ്മപുത്രർക്ക് പോലും ഉപദേശിച്ചില്ല അർജുനൻ പാണ്ഡവാനാം യുധിഷ്ഠിരഹ എന്ന് പറഞ്ഞില്ല പാണ്ഡവാനോം വൃക്കോദരഹ എന്ന് പറഞ്ഞില്ല പാണ്ഡവാനോം ധനഞ്ജയ എന്താന്ന് വെച്ചാൽ അർജുനനാണ് ഇത് ഗ്രഹിക്കാനുള്ള ഗ്രഹിക്കണമെങ്കിൽ തന്നെ ഒരു പകുതി അനുഭവം വന്നാലേ ഗ്രഹിക്കാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങളൊക്കെ സന്തോഷിക്കുക അല്ലെങ്കിൽ ഇത് കേട്ടിരിക്കാനേ സാധ്യമല്ല കേൾക്കണമെങ്കിൽ തന്നെ അല്പം ഈ അനുഭവത്തിന്റെ രുചിയില്ലാതെ ഈ വിഷയം കേൾക്കാനേ ഒക്കില്ല അതായത് ഈ അർഹത്തുള്ള വിഭൂതി അല് ം പുറമേക്കിങ്ങനെ അതിന്റെ സുഗന്ധം വിടാൻ തുടങ്ങിയിരിക്കണു എന്നർത്ഥം അപ്പൊ ഈ മഹാവിഭൂതി ഓരോരോ പ്രാണികളിലും ഉണ്ട് ഭഗവാൻ അതിൽ ആരിൽ കൂടുതൽ മാനിഫെസ്റ്റേഷനുണ്ടോ അവരെടുത്തു പറഞ്ഞു ഭാഗവതത്തില് ഇതിനെ നല്ലവണ്ണം വിസ്തരിച്ചു പറഞ്ഞു ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവരോട് പറഞ്ഞു നീ ഭാഗവതന്മാരിൽ നീയാണ് ഞാൻ വൃഷ്ണികളിൽ വാസുദേവൻ എന്നാണ് പറഞ്ഞത് അതാതെ കൃഷ്ണൻ എന്നുള്ള വ്യക്തിയായിട്ടല്ല തന്നെ പറയണത് അഹം ആത്മാകുടാകേശ വൃഷ്ണിവംശത്തിൽ ഞാൻ കൃഷ്ണനാണ് വാസുദേവനാണ് പാണ്ഡവരിൽ ഞാൻ അർജുനനാണ് രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണ് ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ് പർവ്വതങ്ങളിൽ ഞാൻ ഹിമാലയമാണ് സരസുകളിൽ ഞാൻ സാഗരവുമാണ് ഇങ്ങനെ ഓരോന്നും ഭഗവാൻ എടുത്തു പറഞ്ഞു ഭാഗവതത്തിലെ സുഖബ്രഹ്മ മഹർഷി അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ അനേക വിഭൂതികൾ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഉദ്ധവാൻ വെറും വാക്കാണെന്ന് ഇത്രയും പറഞ്ഞിട്ട് സുഖബ്രഹ്മ മഹർഷി പറഞ്ഞു ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നിനക്ക് പിടികിട്ടില്ല ഇത് മുഴുവൻ വെറും വാക്കാണ് വാചം യച്ഛ മനോയച്ഛ പ്രാണാൻ യച്ഛന്ദ്രിയ ആത്മാനമാത്മന യച്ഛൂയ കൽപസേധ്വനെ വാക്കിനെ അടക്കൂ പ്രാണനെ അടക്കൂ ഇന്ദ്രിയങ്ങളെ അടക്കൂ സ്വരൂപത്തിനെ സ്വരൂപം കൊണ്ട് ദർശിക്കൂ വീണ്ടും നിനക്ക് ജനിക്കേണ്ടി വരില്ല എല്ലാ വിഭൂതികളുടെയും മൂലമായ വിഭൂതി അന്തര്യാമിയാണ് ആ അന്തര്യാമിയെ സാക്ഷാത്കരിക്കാതെ ഒരു രക്ഷയും ഷോർട്ട് കട്ട് ഒന്നും പടി ഇല്ല ഷോർട്ട് കട്ട് അന്വേഷിക്കുന്നവൻ ലോംഗസ്റ്റ് റൂട്ടിൽ യാത്ര ചെയ്യേണ്ടി വരും ഷോർട്ട് കട്ടേ ഇല്ല ഷോർട്ട് കട്ട് പോലെയൊക്കെ തോന്നുന്നത് തൽക്കാലം നമ്മളെ രസിപ്പിച്ച് വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരാനാണ് ഇതല്ലാതെ വേറെ വല്ലതും ഒക്കെ തോന്നുന്നത് അതൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ചൊക്കെ രസിപ്പിച്ച് പിന്നെ ഇതിലേക്ക് കൊണ്ടുവന്നു അപ്പോ സർവാത്മത്വം സകലപ്രാണികളുടെയും അന്തര്യാമിയായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്നുള്ള അനുഭവം സർവാത്മത്വ മഹാവിഭൂതി സഹിതം അതിനാണ് മഹാവിഭൂതി എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഉണ്ടാവും എന്തൊണ്ടാവും വെച്ചാൽ ഈശ്വരത്വം ഈശ്വരത്വം തന്നെ ഇയാളിൽ പ്രകാശിക്കും എന്നാണ് എന്നുവെച്ചാൽ ചിലരിലൊക്കെ നമുക്ക് ആ യോഗേശ്വരത്വം കാണുന്നു അവിടെ ഈശ്വരത്വം എന്നുള്ള പദത്തിന് അർത്ഥം അതാണ് യോഗേശ്വരന്മാരായി ചിലരെ സാധാരണ തലം തന്നെ വിട്ടുപോയി കപിലനൊക്കെ എന്നെ ശരണാഗതി ചെയ്യൂ എനിക്ക് നമസ്കരിക്കൂ എന്നെ പൂജിക്കൂ എന്നൊക്കെ പറയുന്ന പോലെ ം വേണമെങ്കിൽ അവർ ആവിർഭിക്കും ആർക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിലല്ല സാദ് ഈശ്വരത്വം സ്വതാ സിദ്ധിയേറ്റ് അഷ്ടം ഐശ്വര്യം അവ്യാഹതം എട്ട് വിധത്തിൽ പരിണമിച്ചു നിൽക്കുന്ന ഐശ്വര്യം സിദ്ധി ഒക്കെ പവേഴ്സ് അനേക സിദ്ധികൾ യോഗസാധന ചെയ്തിട്ടല്ല ഈ ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തിന്റെ ാർത്ഥം തികച്ചും ഗ്രഹിച്ചു സ്വരൂപസ്ഥിതനാവുന്ന ജ്ഞാനി ഒരു പരിശ്രമവും കൂടാതെ ഒരു വിഷമവും കൂടാതെ എട്ട് വിധത്തിലുള്ള അയാളുടെ ചുറ്റും വന്ന് നിൽക്കും അണിമ ലഹിമ ഗരിമ ഈശിത്വം വശിത്വം സിദ്ധികളൊക്കെ അയാൾക്ക് ചുറ്റും വന്ന് നിൽക്കും വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ പിന്നെ അവിടെ അതാണ് ചോദ്യം ആർക്ക് വേണമെങ്കിൽ ആര് വേണം വേണമെന്ന് പറയുന്ന ആളാരാ അപ്പോ പ്രകൃതി അതിനുശേഷം അയാളിലൂടെ എന്തു പ്രവർത്തി ചെയ്യാൻ നിശ്ചയിച്ചിരിക്കണു ആശ്രയിച്ചു ആശ്രയിച്ചിരിക്കണു ഈ സിദ്ധികളുടെ ഒക്കെ ആവിർഭാവം അല്ലാതെ ഇയാൾക്ക് വേണം ഇയാൾ അത് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇയാൾ പിന്നെ സിദ്ധനാണ് ഞാനീയല്ല സിദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നു അർത്ഥം അപ്പൊ ഇയാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇയാൾ പിന്നെ ഈ തത്വം ഗ്രഹിച്ചില്ല എന്നർത്ഥം അപ്പൊ വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഈ ജ്ഞാനാനുഭവം ഏർപ്പെട്ടാൽ രമണ മഹർഷി പറയും സാക്ഷാത്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മിസ്റ്റീരിയസ് പോർസ് പ്രൊസം പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ മഹാശക്തി അവരുടെ ശരീരത്തിനെ പിടിച്ചെടുക്കും അതാണ് ജീവൻമുക്തന്മാര് വിദേഹമുക്തന്മാർ രണ്ടില്ല ജ്ഞാനം ഉണ്ടായി മണ്ഡല സമയത്ത് തന്നെ അവര് ശരീരമൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞു ആള് ഡിസപ്പിയർ ആയിക്കഴിഞ്ഞു അതൊന്നും എന്നിട്ട് പിന്നെയും അവർ വർത്തമാനം പറയണമല്ലോ വ്യവഹരിക്കണമല്ലോ എന്നാണ് ജ്ഞാനികളൊക്കെ ഒരേപോലെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ദേഹമില്ല എന്നാണ് അനന്തപൈമ എന്ന് പറഞ്ഞ് ബംഗാളിലൊരു ജ്ഞാനി അമ്മ ഉണ്ടായിരുന്നു അവര് പറയും എനിക്ക് ദേഹമൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ ഒരു ദേഹം കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പ്രകാശിക്കുകയാണെന്ന് പല ഭാവസമാധി അവസ്ഥകളൊക്കെ അവർക്ക് ഭാവേശങ്ങളൊക്കെ വരും ഇതൊക്കെ എങ്ങനെ വരണോന്ന് വെച്ചാൽ നിങ്ങളിൽ പലരും അതൊക്കെ ഈ ശരീരത്തിൽ കാണണം എന്ന് അതൊക്കെ വരികയാണ് ഇതൊക്കെ നിങ്ങളുടെ സങ്കല്പമാണ് നമുക്ക് ഇത് മനസ്സിലാവുകയല്ല ഈ ജീവൻ ഈ സ്ഥിതി മനസ്സിലാവുകയല്ല കാരണം അവരില് അവരെവിടെ നിന്ന് പോയിക്കഴിഞ്ഞു എന്നിട്ടും ആ ശരീരം വ്യവഹരിക്കുന്നു വർത്തമാനം പറയുന്നു പലതും ചെയ്യുന്നു ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നുവെച്ചാൽ ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ മഹാശക്തി ആ ശരീരത്തിന് ഏതെങ്കിലും വിധത്തിൽ ഉപയോഗപ്പെടുത്തും ലോകമംഗളത്തിനായിക്കൊണ്ട് ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തും ആ ഉപയോഗപ്പെടുത്തുമ്പോൾ സിദ്ധികളുടെ ആവശ്യമുണ്ടെങ്കിൽ ആ ശരീരത്തിലൂടെ സിദ്ധികൾ എന്തും ആവിർഭവിക്കും എന്തോ ആവിർഭവിക്കും സമുദ്രത്തിനെ വഴിമാറാൻ പറഞ്ഞാൽ സമുദ്രം വഴിമാറും ഭൂമിയെ നിന്നെടുത്തെന്ന് ചലിക്കാൻ പറഞ്ഞാൽ ചലിക്കും നമ്മൾ പഴയ കഥകളൊന്നും കേട്ടതൊന്നും വെറുതെ അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണമെങ്കിൽ അത് ചെയ്യിപ്പിക്കും എന്നാണ് അതാണ് സാദ്ീശ്വരത്വം സ്വതാ സിദ്ധേറ്റ് പുനരഷ്ടതാപരിണതം ചൈശ്വര്യമവ്യാഹതം എട്ട് വിധത്തിൽ പരിണമിച്ചിട്ടുള്ള അഷ്ടമസിദ്ധികളും അവരുടെ മുമ്പിൽ അഷ്ടമഹാസിദ്ധികളും ആവിർഭവിക്കും എന്താണെന്ന് ഈ നിശ്ചലതയിൽ അത്ര പവറുണ്ട് നിസ്വത്വം ആ അഹങ്കൃതി ഇല്ലാത്ത സ്ഥിതിയിൽ അത്രയധികം പവറുണ്ട് എന്ത് വേണേൽ നടക്കും പാവുഹരി ബാബ എന്ന് പറഞ്ഞൊരു മഹാത്മാ ഉണ്ടായിരുന്നു ഗസിപൂരിലും സ്വാമി വിവേകാനന്ദനും ഒക്കെ അദ്ദേഹത്തിന് പലവട്ടം കണ്ടിട്ടുണ്ട് ഒരു ഗുഹ ഇപ്പോഴും ആ ഗുഹയൊക്കെ കാശിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ആ ഗുഹയുടെ ഉള്ളിൽ അദ്ദേഹം ഇരിക്കും ഇപ്പോഴും ആ ഗുഹയൊന്നും തുറക്കണില്ല അവര് രാമന അദ്ദേഹത്തിന്റെ ഒരു അമ്മാവൻ നാരായണസ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം രാമാനുജ സമ്പ്രദായത്തിൽ വടകല സമ്പ്രദായത്തിൽ പെട്ട ആളാണ് പക്ഷെ തിവാരി ആണ് അവർ അദ്ദേഹത്തിന് തമിഴ് നല്ലവണ്ണം അറിയാം ബാബ പാവരി ബാബാണ് തമിഴ് നല്ലവണ്ണം അറിയാം അനേക ഭാഷകൾ അറിയാം യോഗത്തിൽ അദ്ദേഹത്തിന് മേലാരൂല്ല അത്രയധികം വലിയ യോഗശക്തി ഉള്ള ആളായിരുന്നു പരമവിനയാന്വിത്തൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിനോട് വളരെ അടുപ്പമായിരുന്നു പക്ഷെ അദ്ദേഹം വാതില് തുറന്ന് പുറത്തേ വരില്ല വാതിലിന്റെ പുറകെ നിന്നുകൊണ്ടേ സംസാരിക്കുള്ളൂ ഇപ്പോഴും ആശ്രമത്തിൽ പോയാൽ ബാബ കൈപ്പടിയായിട്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ കാണാം ഭാഗവതം രാമായണം പഞ്ചദശി ഇതൊക്കെ തന്നെ പ്രിന്റ് ഇട്ടക്ഷരം പോലെ കയ്യില് എഴുതിയതാണ് ബാബാവിന്റെ ലൈഫിൽ ഒരു കഥയുണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ഏകാദശിക്ക് ഏകാദശിക്ക് അദ്ദേഹം വാതിൽ തുറക്കും അല്ലെങ്കിൽ ആ ഗുഹയെന്ന് പുറത്തേ വരില്ല ഒരു ഏകാദശിക്ക് അദ്ദേഹം വാതിൽ തുറന്നില്ല ആളുകൾ വിചാരിച്ചു ബാബ മരിച്ചു സമാധിയായി എന്നാണ് അഞ്ച് വർഷം അവർക്ക് ആർക്കും ആ വാതിൽ തുറക്കാൻ ധൈര്യമേ ഉണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചാൽ പാമ്പും ഒക്കെ ഉണ്ടതിനും അഞ്ചു വർഷം അദ്ദേഹം ഗുഹയുടെ വാതിൽ തുറന്നില്ല അഞ്ചു വർഷം കഴിഞ്ഞ് ഒരു ദിവസം വാതിൽ തുറന്നു വലിയ ഉത്സവമായിരുന്നു ഗസീപൂറിൽ ഇപ്പോഴും നിങ്ങൾ കാണാം അതിനകത്ത് പോയാൽ അടുത്തൊരു കനാൽ കാണും ആ ആശ്രമത്തിന്റെ അടുത്ത് അപ്പൊ ഒരു ഉത്സവ സമയത്ത് വെള്ളത്തിനും വല്ലാത്ത ബുദ്ധിമുട്ട് വെള്ളം കിട്ടാനേ ഇല്ല അപ്പൊ അവിടെ ഉള്ളവരൊക്കെ പോയി പാഹുഹരി ബാബടുത്ത് പറഞ്ഞു വെള്ളം കിട്ടണേ കിണർ കുഴിക്കണം അപ്പൊ ബാബ പറഞ്ഞു കിണറൊന്നും കുഴിക്കണ്ട ഗംഗാ മാതാവിനെ പോയി ഉത്സവത്തിന് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് വരാ എങ്ങനെ ഇൻവിറ്റേഷൻ കൊടുക്കുക അവർക്ക് പറഞ്ഞ അദ്ദേഹം ഗുഹയിൽ പോയി അവിടെയൊക്കെ ഈ കല്യാണത്തിനൊക്കെ ആവുമ്പോൾ ഇൻവിറ്റേഷൻ മഞ്ഞള് പുഷ്പമൊക്കെ കൂടെ ഗംഗയിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ട് വരും അതേ സമ്പ്രദായത്തിൽ അവർ പോയി ബാബ പറഞ്ഞു എന്ന് പറഞ്ഞ് പോയി ഇൻവിറ്റേഷൻ കൊടുത്തിട്ടു വന്നു ഒരു കനാലുണ്ട് ആശ്രമത്തിന്റെ അടുത്തായിട്ട് ആ കനാലിലൂടെ വെള്ളം ഗംഗയിലേക്ക് പോകും മഴവെള്ളമൊക്കെ ശരിക്കി ഉത്സവത്തിന്റെ തലേ ദിവസം ഈ കനാലിലൂടെ ഗംഗ കയറി വന്നു ആറ് കിലോമീറ്റർ ആറു കിലോമീറ്റർ ദൂരത്തിലേക്ക് ഈ ഗംഗ ഉള്ളിലേക്ക് പ്രവഹിച്ചു ഉത്സവത്തിന് സമൃദ്ധമായ വെള്ളം അടുത്ത ദിവസം പോവുകയും ചെയ്തു അറ്റന്റ് ഉത്സവത്തിന് അറ്റന്റ് ചെയ്യാമെന്നതാണ് അവിടെ വന്ന് ഇഷ്ടം സമൃദ്ധമായി വെള്ളം അടുത്ത ദിവസം പോവുകയും ചെയ്തു ആ സ്ഥിതിയിലിരിക്കുന്ന ജ്ഞാനികൾ വിളിച്ചാൽ പ്രകൃതിയിലിരിക്കുന്ന സകല ദേവതകളും അനുസരിക്കാൻ തയ്യാറാണ് അതാണ് സ്യാദീശ്വരത്വം സ്വതഹാസി പുനരഷ്ടധാപരിണത്വം ഐശ്വര്യം അവ്യാഹതം പൌഹരി ബാബാവിനെ പാമ്പ് കടിച്ചു ഒരിക്കൽ അദ്ദേഹം എല്ലാവരെയും ബാബാ ബാബാന്നെ വിളിക്കുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിനും ബാബാന്നുള്ള പേര് പാമ്പ് കടിച്ചു കുറച്ചുനേരം അദ്ദേഹം കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റു അപ്പൊ എല്ലാവരും ബാബ എന്തെങ്കിലും പറ്റുമോ ബാബ പറഞ്ഞു എന്റെ മേലെ എലി ബാബ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് പാമ്പ് ബാബാവിനെ എലിബാബാവിനെ കിട്ടാത്തതുകൊണ്ട് എന്നെ ഒന്ന് കടിച്ചതാണ് ഇപ്പൊ സാരമില്ല അപ്പൊ ശരിയായി സർവാത്മത്വം ഒരു സർവാത്മത്വം സകല പേർക്കും അദ്ദേഹം ആഹാരം പാചകം ചെയ്ത് കൊടുക്കുക അദ്ദേഹം കഴിക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പവന ആഹരി ബാബ എന്നുള്ള അർത്ഥത്തിൽ പാഹരി ബാബ എന്ന് പേര് വന്നു സർവാത്മത്വമഹാവിഭൂതിസഹിതം സാദീശ്വരത്വം സ്വത സിദ്ധ്യേത് പുനരഷ്ടപരിണതം ഐശ്വര്യമവ്യാഹതം അഷ്ടസിദ്ധികളും ഈ തത്വം നല്ലവണ്ണം അറിഞ്ഞവർക്ക് ചിലപ്പോൾ ആവിർഭവിച്ചേക്കാം ചിലപ്പോൾ അവരിൽ പ്രകാശിച്ചേക്കാം അങ്ങനെ ദക്ഷിണാമൂർത്തി സ്ത്രോത്രം സമാപം യഥോ മമാത്മാവസിമേവ തോ നമചിസ്തിഥേഷൻ കൂരുമാത്മനഥമണ ഭയച്ച മനസീന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാത് കൂമേസം പരസ്മൈ നാരായണയേത് സമർപ്പമ